ഇവിടെ അദ്വൈതിയുടെ പക്ഷവും താർക്കിന്റെ പക്ഷവും പറഞ്ഞു അദ്വൈതിയുടെ പക്ഷമനുസരിച്ച് സുഹൃത്തേൽ അനാദിയായ ഭാവരൂപത്തിലുള്ള അല്ലെങ്കിൽ അഭാവവിലായ അജ്ഞാനത്തിന്റെ അനുഭവമുണ്ട് ജാഗ്രതത്തിൽ സ്മരിക്കുന്നു എന്നാണ് അപ്പോൾ ആ ജ്ഞാനത്തിന്റെ അനുഭവം ആർക്കാണ് എന്ന് പറയുന്നത് സാക്ഷിഭാസ്യമാണ് അതായത് ഉള്ളിൽ സാക്ഷി ചൈതന്യമാണ് ചുരുക്കീനുണ്ട് അപ്പോൾ അതിനെ സാക്ഷിഭാസ്യം എന്ന് പറയുന്നത് ഈ സാക്ഷിഭാസ്യത്തെക്കുറിച്ച് നമ്മൾ ഇനി ചർച്ച ചെയ്യും അപ്പോ അങ്ങനെ ഒരറിവടെ ഉണ്ടാകുന്നു കൊണ്ട് ജാഗ്രതത്തിൽ സ്മരിക്കാൻ കഴിയും അപ്പോ താർക്കിൻ പറയുന്നതനുസരിച്ച് സുഷ്തിയിൽ ജ്ഞാനമേ ഇല്ല കാരണം അതിന് താർക്കിക മതമനുസരിച്ച് സുഷൃത്തിയിൽ മനസ്സ് പുരീതനാടി പ്രവേശിക്കുന്നു കൊണ്ടാണ് ഞാനും ഇല്ലാത്ത ഞാനുണ്ടാകത്തില്ല പുരീതനാടിക്ക് ബഹിർദേശത്തിൽ ആത്മ മനസ്സമയം ഉണ്ടായാലേ അത് പലതരത്തിൽ തർക്കന്മാർ തന്നെ പല ആചാര്യന്മാർ പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട് അപ്പോൾ ആത്മാവ് വിഭവമാണെങ്കിലും മനസ്സ് പുരീതനാടിയുടെ പുറത്ത് വന്ന് സമയം ഉണ്ടായാലേ ഞാനുണ്ടാവും അത് സംഭവിക്കുന്നില്ല അതുകൊണ്ടവിടെ ജ്ഞാനമേ ഇല്ല ഒരു ജ്ഞാനമില്ല പക്ഷെ അവര് മറ്റൊന്ന് സ്വീകരിക്കുന്നു അവിടെ ജ്ഞാന അഭാവം ഉണ്ടെന്ന് പറയുന്നു രണ്ടും പറയുന്നു അപ്പൊ ഇതില് തർക്കയും പറയുന്നത് ചുഴുത്തിയിൽ ഞാനാഭാവമുണ്ട് ജ്ഞാനമില്ല ഞാനാഭാവമുണ്ട് അത് അനുമാനത്തിലൂടെയാണ് ശ്രദ്ധിക്കുന്നത് ജാഗ്രത്തിലെ അനുമാനത്തിലൂടെ അതെങ്ങനെയാണെന്നുള്ളത് മുമ്പ് പറഞ്ഞു മുമ്പ് അത് വിശദീകരിച്ചു സമ്പ്രതിപന്ന ഉദയാസ്തമേവ വിവാദ പതയോ തൊണ്ണൂറ്റിനാലാമത്തെ പേജിൽ വിവാദ പതയോര ഉദയാസ്തമയോ അന്തരാളകാലം അനുമായ കാലാഖ്യേന ലിംഗേന അനുമിതേ ധർമ്മിണി ആത്മനി ജ്ഞാനാഭാവ അനുമാന ഉപത്തെഹേ അവിടെ പോലെ അത് പറഞ്ഞു എന്നിട്ട് ആദ്യം അവിടെ എന്താണ് പൂർവ ഉത്തരകാലങ്ങളിൽ സുഷുത്തിയിൽ അപൂർവോത്തരകാലങ്ങളുടെ ഇടയ്ക്ക് ആത്മാവുണ്ടെന്ന് അനുമാനിക്കുക പിന്നെ ആത്മാവൽ ഞാനുഭാവമുണ്ടെന്ന് ചെയ്യുക അതിനെന്താണ് എങ്ങനെയത് അനുമാനം നടത്തും സാമഗ്രി വൈകല്യഭാവാ സമി സാമഗ്രി അഭാവാ ഞാൻ ആ ഭാവത്തെ അനുമാനിക്കുന്നു പറഞ്ഞു അപ്പോ അതിന് അതെങ്ങനെ സാമഗ്രിയ ഭാവം നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് ചോദിച്ചപ്പോൾ അതിന് താർക്കിയും പറഞ്ഞു സുഹൃത്തികാലത്തിൽ വിശേഷജ്ഞാനാഭാവം ഉണ്ടെന്നുള്ളത് അദ്വൈനിയും സ്വീകരിക്കേണ്ടി വരും അപ്പോ അത് അനുമാനിക്കുന്നതിനൊരു ശരി സുഷുപ്തിയിലെ അജ്ഞാനത്തെ സ്മരിച്ചു പക്ഷെ സുഷുപ്തിയിലെ വിശേഷജ്ഞാനാഭാവം അതെങ്ങനെ അത് ഈ പറയുന്ന പോലെ തന്നെ സാമൂഹ്യഭാവ എന്ന് സ്വീകരിക്കേണ്ടി വരും അവിടെ ജ്ഞാനാഭാവത്തിൻ്റെ നർവികൽപ്പം ഞാനും സ്വീകരിക്കാൻ കഴിയത്തില്ല കാരണം നൃവികൽപ്പം ഞാനും ഭാവത്തിൻ്റെ ഉണ്ടാവും ഇങ്ങനെയെല്ലാം പറഞ്ഞു അപ്പം അവിടെ അദ്വൈത സമാധാനം പറഞ്ഞത് കാർക്കിനോട് സമാധാനം പറഞ്ഞ അവിടെ സുഹൃത്തിയിൽ ഭാവരൂപത്തിലുള്ള അജ്ഞാനത്തെ അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് അതിൻ്റെ വിരോധിയാണ് ജ്ഞാനം അതുകൊണ്ട് ഞാൻ ആ ഭാവത്തെ അനുമാനിക്കാവുന്ന അവിടെ ഈ അദ്വൈതിയും താർഹികനും തമ്മിൽ പറയുന്നിടത്ത് അദ്വൈതി പറയുന്നത് ശ്രുപ്തിയിൽ ഭാവരൂപ അജ്ഞാനത്തെ അംഗീകരിച്ചുകൊണ്ടാണ് ഭാവരൂപമായ ഒരു അജ്ഞാനം അങ്ങനൊരു ഭാവരൂപ അജ്ഞാനം ഉള്ളത് ദ്വൈതീം സ്വീകരിക്കും എന്നാണ് സ്വീകരിച്ചാൽ ശരിയാകുന്നു തർക്കയും പറയുന്നത് ഭാവരൂപ അജ്ഞാനത്തെ സമർത്ഥിക്കുന്നതിന് നിങ്ങളെന്ത് പ്രമാണോ പറഞ്ഞു അത് അനുഭവത്തിലൂടെ ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞാൽ അനുഭവത്തിലൂടെ എങ്ങനെ ശ്രദ്ധിച്ചു എന്ന് പറയാൻ പറ്റും അനുഭവത്തിലൂടെ ശ്രദ്ധിച്ചാൽ സ്മരണത്തിലൂടെ അത് വ്യക്തമാകും സ്മരണത്തിലൂടെ അനാദിയായ ഭാവരൂപത്തിലുള്ള അജ്ഞാനം എന്ന് ആരെങ്കിലും സ്മരിക്കാറുണ്ടോ അതിനെങ്ങനെ ഭാവരൂപത്തിലുള്ള അജ്ഞാനം ശ്രദ്ധിക്കും അപ്പോൾ അനുഭവത്തെ പ്രമാണമായി ഭാവരൂപാജ്ഞാനത്തെ എടുക്കാൻ പറ്റില്ല അങ്ങനെ താർക്കിയം പറഞ്ഞിട്ടും അദ്വിധി പറയണതാണ് ഭാവരൂത്തിലുള്ള അജ്ഞാനം അനുഭവത്തിലൂടെ ശ്രദ്ധിച്ചത് താർക്കം പറയുന്നു അതെങ്ങനെ ശ്രദ്ധിക്കുന്നു അത് തീരുമാനമായില്ലോ അത് ചർച്ചകളൊക്കെ അപ്പോ പറയുന്നത് അത് അഭാവമാകാൻ വഴിയില്ല അദ്വീതി പറയുന്നതാണ് അത് അഭാവമാകാൻ വഴിയില്ല എത്ര അജ്ഞാനത്തിൻ്റെ അനുഭവമുണ്ട് അതുകൊണ്ടത് ഭാവമാകണം എന്നാണ് അപ്പോ അഭാവമാവാൻ വഴിയില്ല അത് ഭാവമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അർത്ഥാപത്തിയാകും പിന്നെ അനുഭവം സ്മരണത്തിലൂടെയാണ് അത് എന്ന് അങ്ങനെ പറയാൻ പറ്റും അദ്വൈതി അതല്ലേ പറയുന്നു സ്മരണത്തിലൂടെ അശ്രദ്ധിക്കുന്നു എന്നാണ് അങ്ങനെ പറഞ്ഞാലും അർത്ഥാപത്യ അങ്ങനെയും പറയാം ഭാവമാകാത്തത് അതുകൊണ്ടാണ് അത് പ്രത്യേകിച്ച് പറയാറ് ഭാവമാകാത്തത് കൊണ്ട് അത് പറയും അഭാവമാ താർക്കികേനെ സംബന്ധിച്ചെന്ന് വെച്ചാൽ ഭാവം അല്ല എന്ന് പറയുന്നതാണ് പദാർത്ഥമാണോ അത് ഭാവമായാലും അത് താർക്കികേന സമ്മതമല്ലല്ലോ സവിടെ മനസ്സ് പുരീതം നാടി പ്രവേശിച്ചിരിക്കുമ്പോൾ അങ്ങനെ ജ്ഞാനമുണ്ടാവും ജ്ഞാനമേ ഇല്ലല്ലോ അവിടെ പിന്നെ അതാരറിഞ്ഞു അർത്ഥാപത്യൊണ്ട് പറയില്ല അനുമാനത്തിലൂടെ അനുമാനത്തിലൂടെ പറയുന്നു ഇങ്ങനെ ഇതെല്ലാം എന്നുവെച്ചാൽ സാമഗ്രി ഇല്ലാത്തത് കൊണ്ട് സാമഗ്രി അഭാവാ എന്ന് താർഗയും പറയും അപ്പോ പിന്നെ എന്താണ് ഒരു അഭാവ ഭാവരൂപത്തിലുള്ള ഒരു അജ്ഞാനം ഉണ്ടെന്ന് അനുമാനത്തിലൂടെ ശ്രദ്ധിക്കുക അങ്ങനെ ഒന്നിനെ സമർത്ഥിക്കാൻ വേണ്ടി എന്ത് പറഞ്ഞു അനുമാനം പറഞ്ഞു ഇനി ശ്രുതി പോലെയുള്ള കാര്യങ്ങളൊക്കെ പറയാം പക്ഷെ അനുമാനം പറഞ്ഞു ഭാവരൂപത്തിലുള്ള ഒരു അജ്ഞാനം ഉണ്ട് എന്നിട്ടതിനെ സുഹൃത്തിയിൽ അനുഭവിക്കുന്നുവെന്നും പറഞ്ഞു ഇതാണ് അദ്വൈതി ചെന്നെത്തിയിക്കുന്ന സ്ഥലം അനുമാനത്തിലൂടെ ഭാവരൂപാജ്ഞാനത്തെ ശ്രദ്ധിച്ചു അനുമാനത്തിലൂടെ ഭാവരൂപത്തെ ശ്രദ്ധിക്കാനുഭവിച്ചെന്താ മഹാവിദ്യ അനുമാനം ഈ മഹാവിദ്യ അനുമാനം എന്ന് പറയുന്നതിലൂടെ എന്ത് ശ്രദ്ധിക്കും അഭാവവും ശ്രദ്ധിക്കാം ഭാവവും ശ്രദ്ധിക്കാം അപ്പം അത് പോയി പിന്നെങ്ങനെ ഭാവരൂപത്തിലുള്ള അജ്ഞാനത്തെ എങ്ങനെ സമൃദ്ധിക്കും മഹാവിദ്യയിലൂടെ നടക്കില്ല എന്നുള്ള നമ്മൾ കണ്ടതാണ് അപ്പം ഭാവരൂപത്തിലുള്ള ഒരു അജ്ഞാനത്തെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും ഇനി ഭാവരൂപത്തിലുള്ള അജ്ഞാനത്തെ ശ്രദ്ധിക്കുന്നോണ്ട് വരുന്ന ിയ അപകടം എന്ന് പറയുന്നത് രണ്ട് ഭാവത്തെ സ്വീകരിക്കേണ്ടി വരുമോ ആത്മാവ് എന്തായാലും ഭാവമാണല്ലോ അജ്ഞാനവും ഭാവമാണ് അപ്പൊ രണ്ടു ഭാവത്തെ സ്വീകരിക്കും രണ്ടു ഭാവത്തെ സ്വീകരിക്കാൻ എന്തായാലും അധ്വാനിക്കുക പറ്റത്തിട്ട് അപ്പൊ എന്തോ സ്വീകരിക്കേണ്ടി വരും അവിടെ ആത്മാവ് ഭാവം പിന്നെ അവിടെ അജ്ഞാനത്തിൽ ഭാവത്തെ ആരോപിതമായി സ്വീകരിക്കേണ്ടി വരും ആരോപിതമായ ഭാവം വാസ്തവഭാവമല്ല സുഖ അജ്ഞാനത്തിൽ ഭാവം ആരോപിതമാണോ ആരോപിതമായ ഭാവത്തെ ഭാവം എന്ന് അല്ലാതെ വാസ്തവഭാവത്തെ സ്വീകരിക്കാൻ പറ്റും സ്വീകരിക്കാൻ പറ്റത്തില്ല അപ്പോൾ അവിടെ സുഷൃത്തിയിൽ ഒരു ഭാവരൂപത്തിലുള്ള അജ്ഞാനത്തെ സ്വീകരിക്കുന്നു ആ ഭാവരൂപത്തിലുള്ള അജ്ഞാനത്തിൽ അനുഭവപ്പെടുന്ന ഭാവം അധിഷ്ഠാനമായ ആത്മാവിന്റെ ഭാവമാണ് അവിടെ അനുഭവപ്പെടുന്നത് ജാഗ്രത്തിൽ ഈ പ്രാപഞ്ചിക വസ്തുക്കളിലെല്ലാം അനുഭവപ്പെടുന്ന എന്ന് സ്വീകരിക്കേണ്ടി താർക്കേനും പറയാം എന്താണ് അവിടെ അഭാവമുണ്ട് അഭാവത്തിലും അഭ്യ പറയുന്ന അനുസരിച്ചാണെങ്കിൽ അഭാവത്തിലും ഭാവമെന്ന് പറയുന്ന അധിഷ്ഠാനത്തിൻ്റെ ഭാവമല്ലേ അവിടെ ആരോപിക്കുന്നു അഭാവം ഉണ്ട് എന്ന് പറഞ്ഞാൽ അഭാവത്തിലെ അധിഷ്ഠാനത്തിൻ്റെ ഭാവം ഉണ്ടെന്നാണ് അപ്പം ഭാവവും വ്യത്യാസം രണ്ടിലും ആരോപിതമായ സത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം അഭാവവും സത്താണല്ലോ ഭാവവും സത്താണോ അപ്പൊ ഇങ്ങനെ ഈ തർക്കം അവസാനമില്ലാതെ പോകും അപ്പോ അവിടെ സ്വീകരിക്കാവുന്നത് ഈ തരത്തിലുള്ള പ്രക്രിയയിലൂടെ പോയാൽ ഇതിനൊരു തീരുമാനം ഉണ്ടാകത്തില്ല ഇത് രണ്ടും സ്വീകരിക്കാൻ പറ്റത്തില്ല സുഹൃത്തിയിൽ താർക്കി എന്ന് പറയുന്ന അഭാവത്തെ സ്വീകരിച്ചു കഴിഞ്ഞാലും അവിടെ ജ്ഞാന അഭാവവും ആത്മാവുമുണ്ടെന്ന് നൈകായിക മതമനുസരിച്ച് സ്വീകരിക്കേണ്ടി വരും ഇനി അദ്വൈതയുടെ മതം അനുസരിച്ചാണെങ്കിൽ എന്ത് വരും അവിടെ ആത്മാവുമുണ്ട് ഭാവരൂപത്തിലുള്ള അനാദിയായ അതുകൂടെ ഉണ്ട് അല്ലെങ്കിൽ അഭാവ വിലക്ഷണമായി വന്നു അഭാവ വിലക്ഷണം എന്ന് പറയുമ്പോൾ തന്നെ അത് മറ്റെന്തുമാണ് എന്തായാലും അത് അഭാവുമല്ല ആത്മാവുമല്ല അതിൽ നിന്ന് പിന്നാണ് എന്തുകൊണ്ട് സാക്ഷിക്കത് ഭാസ്യമാണ് സാക്ഷി അറിയുന്ന ഒന്നാണ് സാക്ഷിയെ ആശ്രയിച്ച് നിലനിൽക്കുന്ന ഒന്നെന്നാണ് പറയുന്നത് അജ്ഞാനത്തെക്കുറിച്ച് അദ്വൈതി എന്നി പറയും അത് ജ്ഞാനം കൊണ്ട് നിവർത്തിക്കുന്നതും സാക്ഷിയെ ആശ്രയിച്ച് നിൽക്കുന്നതുമാണ് അജ്ഞാനം അങ്ങനെ ഒരു സാധനമാണ് അപ്പോൾ ഇത് സങ്കീർണതയിലേക്ക് പോകും അപ്പൊ ഭാഷകാരൻ പറയുന്നതനുസരിച്ചിട്ടാണെങ്കി ദ്വിതീയൻ നാസ്തി അവിടെ പിന്നെ സുഴ്ത്തിയിൽ എന്താ ഉള്ളത് അഗ്രഹണം നാത്മാനം ചരാം ചെയ്യ സത്യം ചാവി നാനർ പ്രാജ്ഞന സമയത്തി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞതെല്ലാം പോയി ഈ പറയുന്ന വാത കോലാഹലങ്ങളെല്ലാം പോയി പ്രാജ്ഞ കിഞ്ചനസ് ഒന്നും അറിയുന്നില്ല അഗ്രഹണമേ അവിടെയുള്ളൂ ഗ്രഹണം സംഭവിക്കുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ വിഷയം വരും സാക്ഷി പ്രകാശിപ്പിച്ചതെന്ന് പറഞ്ഞാൽ അവിടെ എന്ത് വരും പ്രകാശിപ്പിക്കുന്ന വേണം പ്രകാശത്തെയാണ് ഗ്രഹണമെന്ന് പറയുന്നത് അപ്പൊ അഗ്രഹണം എന്ന് പറഞ്ഞു ഇനി പറയുകയാണ് അവിടെ അഗ്രഹണം തന്നെ ഉള്ളത് ഈ അവിദ്യ അവിടെ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ നമ്മുടെ കണ്ണ് മൂടിക്കെട്ടിക്കഴിഞ്ഞാൽ കാണത്തില്ലല്ലോ കണ്ണുണ്ടായിരുന്നാൽ അല്ലെ അവിദ്യ കൊണ്ടെല്ലാം മൂടി വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് കാണുന്നില്ലെന്ന് പറഞ്ഞാലോ അതിനെയും ഭാഷകാരം പറഞ്ഞു നഗ്രഹണം അവിദ്യാകൃതം വിധിച്ച് നവിദ്യാകൃതമായൊരു ആഗ്രഹമില്ല അവിടെ ആഗ്രഹമെന്ന് പറയുന്നത് എന്താണ് സ്വാഭാവികമാണെന്ന് വെച്ചാൽ അത് ആത്മസ്വരൂപമാണ് അവിടെ ആത്മാവും മറ്റൊന്നിനെയും ഗ്രഹിക്കാതിരിക്കുന്നതാണ് സ്വയംപ്രകാശം ഭാഷ്യം മതമനുസരിച്ച് വരുമ്പോൾ ഇവിടെ സ്വയം പ്രകാശം അവിടെ അഗ്രഹണമെന്ന് പറഞ്ഞാൽ താർക്കികം പറയുന്ന പോലെ ഗ്രഹണത്തിൻ്റെ അഭാവമല്ല ഗ്രഹണത്തിൻ്റെ അഭാവമല്ല അഗ്രഹണം എന്ന് പറഞ്ഞാൽ എന്താണത് സ്വാഭാവിക ഗ്രഹ അവിടെ കേവലം ചിസ്വരൂപമായിരിക്കുന്ന സത്സ്വരൂപമായിരിക്കുന്ന ആത്മാവ് മാത്രം അതാണ് സസ്വരൂപമായിരിക്കുന്ന ആത്മാവ് മാത്രമാണ് അവിടെയുള്ളതാണ് ഭാഷകാരൻ്റെ മുഖ്യമായ സിദ്ധാന്തം എന്നെ അതുകൊണ്ട് ഭാവരൂപത്തിലോ അഭാവ്യൂപത്തിലോ ഉള്ളവർ സാധനത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ രണ്ടിനും ഒരേ ദോഷം തന്നെ എന്തുകൊണ്ട് ദ്വിതീയ നാസ്തി എന്ന് പറഞ്ഞിരിക്കുന്നു രണ്ടാമതൊന്നില്ല എന്ന് പറയുന്നിടത്ത് രണ്ടാമതൊന്നിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ അങ്ങനെയാണെങ്കിൽ പിന്നെ ജാഗ്രത സൂക്ഷിക്കുന്നവനെന്താ വ്യത്യാസം ജാഗ്രതയിലെന്താണ് ദ്വിതിയെന്ന് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് ഇവിടെ അറിയുന്നവനുണ്ട് അറിവുണ്ട് അറിയുന്ന വിഷയങ്ങളുണ്ട് എന്നിട്ട് നമ്മൾ പറയും എന്താണോ ഇതെല്ലാം സത്വ തന്നെ ബ്രഹ്മം തന്നെ ഇവിടെ അങ്ങനെ പറയുന്ന എന്തുകൊണ്ട് ഇവിടെ ഗ്രഹണം ഉള്ളത് കൊണ്ടാണ് ഗ്രഹണമെന്ന് പറയുന്ന ഒന്ന് ഇവിടെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും എന്താണോ ഭാവം അഭാവം എല്ലാം എന്താണ് ബ്രഹ്മം തന്നെ സുഹൃത്തിൽ അങ്ങനെ ഒരു വ്യവഹാര സാധ്യമേ അല്ല എന്തുകൊണ്ട് ഇവിടെ ഗ്രഹണമില്ല അപ്പൊ എല്ലാം ബ്രഹ്മം തന്നെ എന്ന് പറയാൻ ഏതാ ഉണ്ടോ അവിടെ എല്ലാം എന്ന് പറയാനവിടെ ഒന്നും ഇല്ല എന്താണ് പ്രാജ്ഞ കിഞ്ചന സമയത്തി പ്രാജ്ഞനൊന്നിനെയും ഇതാണ് സിദ്ധാന്തം മുഖ്യമായ സിദ്ധാന്തം അപ്പോ അത് ഇവിടെ തർക്കവിതർക്കങ്ങളിലേക്ക് പോകുമ്പോൾ ആ ആശയം വിട്ടുപോകും അപ്പോൾ കേവലം അവിടെ എന്താണ് സ്വരൂപം മാത്രം ശേഷിക്കുന്നത് കൊണ്ടാണ് അവിടെ ഗ്രഹണമില്ലാത്തത് അപ്പം ഗ്രഹണമില്ല എന്ന് പറയുന്നതെടുത്ത് നയായികൻ പറയുന്നത് ശരിയാവും പക്ഷേ നയായികന്റെ ആത്മാവും ശരിയല്ല നയായികന്റെ ഗ്രഹണാഭാവവും ശരിയല്ല അഗ്രഹണം എന്ന് പറയുമ്പോൾ ഗ്രഹണാഭാവത്തെയല്ല പറയുന്നു ആഗ്രഹമെന്ന് പറയുമ്പോൾ കേവലമായ ഗ്രഹണ സ്വരൂപമായിരിക്കുന്ന ആത്മാവിനെയാണ് അവിടെ പറയുന്നു അതുകൊണ്ട് ഭാഷ്യകാരന്റെ ചിന്താധിപിച്ച് നോക്കുമ്പോൾ ഇത് രണ്ടും അബദ്ധമാണ് ഇവിടെ പറഞ്ഞിരിക്കും കാരണം അതുകൊണ്ടാണ് എന്താണ് ഭാവരൂപത്തിലുള്ള അജ്ഞാനത്തെ സ്വീകരിക്കാൻ പോയിട്ട് അത് നയ്യായിനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ പറ്റിയില്ല ഇത് നമ്മളൊരാൾക്ക് ഒരു വസ്തു കൊടുക്കുന്നു ഇല്ലേ സ്വാമിക്ക് ഒരാൾ പത്ത് രൂപ ദക്ഷിണം കൊടുക്കുന്നു സ്വാമി പറഞ്ഞു വേണ്ട നിന്നെ പോക്കറ്റി വെച്ച് ഇരുന്നോട്ടെ അവിടെ ഇല്ലേ സ്വാമിയുടെ പോക്കറ്റി വെച്ച് കൊടുക്കയാണ് വേണ്ടെന്ന് പറഞ്ഞപ്പോ അതുപോലെയാണ് നയായികന് തള്ളി കൊടുക്കുകയാണ് പോക്കറ്റ് തള്ളി കൊടുക്കണു എന്താ പിടിച്ചോ ഭാവരൂപാജ്ഞാനം നയായകൻ സ്വീകരിച്ചതാണോ വേണ്ട വേണ്ട എന്ന് രണ്ട് കൈ കൊടുത്ത് വിലക്കയാണ് എന്നിട്ടും അദ്ദേഹം എന്ത് ചെയ്യുന്നു നയായികന്റെ പോക്കറ്റ് വെച്ച് കൊടുക്കേണ്ടത് ആ ഭാവരൂപത്തിലുള്ള അജ്ഞാനം നയായകനെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു ബോധ്യപ്പെടുത്താൻ നടക്കുന്ന കാര്യം എന്താ അത് എന്തുകൊണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാനമായ കാര്യം എവിടെയാണോ ബോധമേ പ്രവർത്തിക്കുന്നില്ല ബോധമേ പ്രവർത്തിക്കാത്ത ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒന്നെൻ്റെ ഭാവത്തെയോ അഭാവത്തെയോ സമർത്ഥിക്കാൻ പറ്റില്ല നമ്മളുടെ ഭാവ അഭാവങ്ങളെല്ലാം സമർത്ഥിക്കുന്ന എവിടെ നമ്മുടെ ബോധം പ്രവർത്തിക്കുന്ന അവിടെ പറ്റൂ ഇവിടെ ബോധം പ്രവർത്തിക്കുന്നതുകൊണ്ട് എനിക്ക് പറയാം ഈ വസ്തു ഇവിടെ ഉണ്ട് എന്ന് പറയാം നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം അതവിടെയില്ല എന്തുകൊണ്ട് ബോധം ഇവിടെ പ്രവർത്തിക്കുന്നു ബോധം പ്രവർത്തിക്കുന്നുണ്ട് നമുക്ക് ഒന്നിൻ്റെ ഭാവത്തെ അഭാവത്തെ സമർപ്പിക്കാം തർക്കിക്കാം ഉണ്ടെന്ന് പറയാം ഇല്ലെന്ന് പറയാം ഇതെല്ലാം ചെയ്യാം പക്ഷെ ഈ ബോധം പ്രവർത്തിക്കാത്ത ഒരു സ്ഥലത്ത് എങ്ങനെയാ ഏതെങ്കിലും ഒന്നിൻ്റെ എന്താണ് ഭാവത്തെയോ അഭാവത്തെയോ സമർത്ഥിക്കുന്നത് ഇവിടെ തർക്കിയും പറയുന്നത് എന്താണ് അനുമാന ത്തിലൂടെ അഭാവത്തെ ജാഗ്രതത്തിൽ വന്നതിന് ശേഷം അനുമാനത്തിലൂടെ അവിടെ അഭാവത്തെ സമർത്ഥിക്കുമെന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നവരെല്ലാം ആദ്യം തർക്കം പഠിക്കേണ്ടി വരും സ്മരണയെന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് സംഭവിക്കും തർക്കം പറയുന്ന അനുസരിച്ചാണെങ്കിൽ അത് എത്ര അനുമാനം ഒരേ അനുമാനമാണോ അപര കാലങ്ങൾ ആ കാലങ്ങളുടെ ഇടയ്ക്ക് ഒരു ആത്മാവിനെ ശ്രദ്ധിക്കുക പിന്നെ ആത്മാവിൽ ജ്ഞാനത്തിൻ്റെ അഭാവത്തെ ശ്രദ്ധിക്കുക അതിന് സാമഗ്ര അഭാവം എന്ന് പറയുന്നത് ഹേതു ഇങ്ങനെയാണോ ഒരാൾ ഉറക്കം എണീറ്റിട്ടിരുന്നിട്ട് ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നത് ഇത്തിരി അനുമാനം നടത്തിയിട്ടാണ് കാരണം ഈ സുഷുപ്തി എന്ന് പറയുന്ന അനുഭവം എന്ന് പറയുന്നത് താർക്കീയനോ അദ്വൈതിക്കോ ഉള്ളതല്ല സർവ്വസാധാരണമായ ഒരു അനുഭവമാണ് ആ അനുഭവത്തിൽ നിന്ന് എല്ലാവരും ഉണർന്നു വരികയാണ് അപ്പൊ ആ അനുഭവത്തെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും സമ്മതമായിരിക്കും താർക്കികനോ അദ്വൈനിക്കോ സമ്മതമായ പോരാ അല്ലെങ്കിൽ എന്ത് വേണം സമാധിയെ പോലെ ആർക്കെങ്കിലും പ്രത്യേകിച്ചുണ്ടാകുന്ന അനുഭവം ശരി ഇതങ്ങനെയല്ല സർവ്വസാധാരണമായ ഒരു അനുഭവമാണ് ആ അനുഭവത്തെക്കുറിച്ച് ഉണർന്നു വന്നിട്ട് പറയുമ്പോൾ അനുമാനത്തിലൂടെ അവിടെ ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞാൽ അനുമാനം അറിയാത്തവരെന്തു ചെയ്യും അവരെന്ത് സിദ്ധിക്കും ഓ ഈ അനുമാനം എന്ന് പറയുന്നത് അറിയാത്ത എത്ര പേരുണ്ട് ഇവിടെ എത്ര പേർക്കറിയാരുത് അവരെങ്ങനെ ശ്രദ്ധിക്കും അല്ല അത് ഞങ്ങൾക്ക് തർക്കത്തിന് മാത്രം മതിയോ അപ്പോ സർവസാധാരണമായ ഒരു അനുഭവത്തിൻ്റെ പറയുമ്പം അത് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന രീതി പറയണം അവിടെയാണ് ഭാഷകാരൻ്റെ മഹത്വം ഭാഷകാരനുള്ളത് എല്ലാവർക്കും ഭാഷകാരൻ പറഞ്ഞിരിക്കുന്നത് എന്താണ് അവിടെ നിങ്ങൾക്ക് യാതൊരു അനുഭവമില്ല അതുകൊണ്ട് ഏതെങ്കിലും രണ്ടാമതൊന്നും തന്നെ അവിടെ പറ്റത്തില്ല പിന്നെ അവിടെ എന്താ ഉള്ളത് ഇപ്പോൾ ഭാഷകാരൻ പറയണ അവിടെ ദ്വൈതമില്ലെന്ന് പറഞ്ഞാലും അജ്ഞാനം ഇല്ലെന്ന് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും അവിടെ പറയുന്ന ഒന്നാണ് എന്താണ് അവിടെ കേവലമായ ആ സ്വരൂപം മാത്രം ഉണ്ടായിരുന്നു ആരാണോ ഉറങ്ങിയത് അവൻ ശേഷിച്ചു പറയുന്നു അവൻ പ്രജ്ഞാനഖനനായിരുന്നു അവിടെ കേവലം പ്രജ്ഞാനം മാത്രമായിരുന്നു അതാണ് പ്രജ്ഞാനഘനൻ അയോഘനവത് രണ്ടാമതൊന്നും അവിടെ ഇല്ല ആ പ്രജ്ഞാന ഖനനായി അവിടെയിരുന്നു രണ്ടോ അവിടെ വേറെ ഒന്നും നമുക്ക് കൽപ്പിക്കാൻ സാധ്യമില്ല അവിടെ സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതത്തിൽ വന്ന ഒരു മനുഷ്യന് തിരിച്ചറിയാൻ പറയുന്ന ഒന്ന് മാത്രം എന്താണോ അയാൾ സ്മരിക്കുന്ന ഇതാണ് സുഷുപ്തനായ തന്റെ അസ്തിത്വത്തെ മാത്രമേ സ്മരിക്കുന്നു എന്തുകൊണ്ടത് തന്റെ സ്വരൂപമാണ് തന്റെ അസ്തിത്വത്തെ സ്മരിക്കുന്നു എന്താണ് ഞാൻ അവിടെ ഉണ്ടായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു ഒന്നും അറിയാത്തവനായി എന്ന് പറയുമ്പോൾ അയാൾ സ്മരിക്കുന്നത് എന്താണ് തന്റെ അസ്തിത്വത്തെയാണ് തന്റെ അസ്തിത്വം തനിക്ക് അവിടെ നഷ്ടപ്പെട്ടില്ല പക്ഷെ ബാക്കിയെല്ലാം നഷ്ടപ്പെട്ടു തൻ്റെ എല്ലാ അനുഭവങ്ങളും നഷ്ടപ്പെട്ടു പക്ഷെ തൻ്റെ അസ്ഥിത്വം നഷ്ടപ്പെട്ടില്ല ഈ ഒരു നിലപാടിലാണ് ഭാഷകാരം നിൽക്കുന്നത് ഒരു ജീവന്റെ സുശക്തിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഈശ്വരന്റെ മായയുമായി ബന്ധപ്പെടുത്തി പറയുന്നതിന് അർത്ഥമില്ല ഈശ്വരന്റെ മായയിൽ എല്ലാ ജീവന്മാരും ഉറങ്ങുന്നു എന്നൊക്കെ പറയുമ്പോൾ അവിടെ അർത്ഥം മേരെയാണ് ബ്രഹ്മസൂത്രത്തിൽ തന്നെ വന്നിട്ടുണ്ട് അത് മനുഷ്യനെല്ലാം മയക്കുന്നത് കൊണ്ട് അതിനെ മായയെന്നോ അവിദ്യയെന്നോ ഒക്കെ വിളിക്കാം അത് വിഷയം ഇതല്ല ഇവിടെ വ്യക്തമായി സുഷുപ്തിയെക്കുറിച്ചാണ് ചർച്ച ഈശ്വരന്റെ മായയെക്കുറിച്ചല്ല രണ്ടിനും രണ്ടായി കാണുന്നു മായാശക്തിയിൽ ജീവന്മാരെല്ലാം മോഹിതനായിരിക്കുന്നു എന്ന് പറയുന്നതും ജീവൻ ബോധമില്ലാതെ ഉറങ്ങുന്നു എന്ന് പറയുന്നതും രണ്ടാണ് മായാശക്തിയിൽ മോഹിതനായി കിടക്കുന്ന ഇപ്പോഴും അങ്ങനെയാണ് അങ്ങനെ ഉറ ഉറങ്ങേണ്ട കാര്യമില്ല പക്ഷെ ജീവൻ സുഷുപ്തനായിരിക്കുന്ന എവിടെ അത് ഒരു മായാശക്തിയിലുമല്ല ഒരു അവിദ്യയിലുമല്ല പിന്നെയോ അത് സ്വരൂപസ്ഥിതിയാണ് സ്വരൂപം എന്ന് പറയുന്നതിന് നമ്മൾക്ക് മനസ്സിലാക്കാൻ അസ്തിത്വം ഒന്നേ മനസ്സിലാക്കാൻ പറ്റും എന്തുകൊണ്ട് സ്വരൂപത്തെ നമ്മളെപ്പോഴും വിവരിക്കുന്ന ഹി എന്നാണ് ജാഗ്രതയിൽ വന്നു കഴിയുന്നത് ബാഹ്യമായി നമ്മളതിനറിയുന്നെന്താണ് സൻ അസ്ഥി എന്നാണ് അതുകൊണ്ടാണ് അതിന് അസ്തിത്വം എന്ന് പറയുന്നത് നമ്മുടെ അനുഭവത്തിന് അത് വിഷയമാകുന്നത് അസ്ഥിത്വ രൂപത്തിലാണ് ജാഗ്രതത്തിലേ അത് വിഷയമാകുന്നുള്ളൂ സുഹൃത്തിയിലൊന്നും വിഷയമാകുന്നു അപ്പോൾ സുഹൃത്തി എന്ന് പറയുന്നത് ഭാവ അഭാവ അതീതമായൊരു നിലയാണ് സ്വരൂപസ്ഥിതി എന്നുവെച്ചാൽ അനുഭവ വിഷയമായിരിക്കുന്ന ഭാവമോ അഭാവമോ അവിടെ ഇല്ല അതുകൊണ്ട് അവിടെ എന്തുണ്ടെങ്കിലും ഭാവത്തെയോ അഭാവത്തെയോ സമർത്ഥിക്കാമെന്ന് പറയുന്നത് ഒരു സാഹസം മാത്രമാണ് അപ്പോൾ പിന്നെ അടുത്തൊരു ചോദ്യം വരും എന്താണ് വളർന്നതിന് ശേഷം നമ്മൾ പറയുന്നു ഒന്നും അറിഞ്ഞില്ല അല്ലെങ്കിൽ സുഖമായി ഉറങ്ങി എന്നൊക്കെ പറയും അപ്പോൾ ഈ ജാഗ്രതയുള്ള ഈ അനുഭവം എന്ന് പറയുന്നതിന് നമ്മുടെ ജാഗ്രതയുള്ള മറ്റ് വ്യവഹാരങ്ങളുമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്താൻ നോക്കുന്നു ജാഗ്രതയിൽ നമ്മൾക്ക് ഏതൊരു വിഷയത്തെക്കുറിച്ചോ അറിയുകയോ അറിയാതിരുന്നിട്ടോ പറയുന്നത് പോലെ അല്ല ഉറക്കത്തിൽ നിന്ന് ഉറങ്ങി ഉണർന്നു വന്നിട്ട് പറയുന്നു ഈ ഒരു വ്യവഹാരം എന്നുവെച്ചാൽ ഇങ്ങനെ ഒരു ശബ്ദപ്രയോഗം സുഷുതിയെക്കുറിച്ച് നമുക്കൊരു ബോധമുണ്ടായിട്ടാണ് പക്ഷെ ഈ സുഷുതിയെക്കുറിച്ചുള്ള ബോധമെന്ന് പറയുന്നത് സുഷുത്തിയിലെ ബോധമല്ല പിന്നെയോ ജാഗ്രത ഉണ്ടാകുന്ന ഒരു ബോധമാണ് അതിന് മറ്റൊരു ബോധമായിട്ട് ഒരു ബന്ധമില്ല ഇത് സുഷുതിയുടെ സ്മൃതിയോ ജാഗ്രത്തിലെ അനുമാനമോ എന്തു പറഞ്ഞാലിത് യോജിക്കത്തില്ല എന്തുകൊണ്ട് സുഷ്ടത്തിയിലെ സ്മൃതി എന്തുകൊണ്ടാകുന്നില്ല കാരണം അനുഭവം ഉണ്ടായാല് സ്മൃതി ഉണ്ടാവും സുഹൃത്തിയിൽ അനുഭവം ഇല്ല പിന്നെ എങ്ങനെ സ്മൃതി ഉണ്ടാവും ഇപ്പൊ സുഹൃത്തിയുടെ സ്മൃതി എന്ന് പറയുന്നത് അബദ്ധമാണ് ജാഗ്രത നമുക്ക് സ്മൃതി ഉണ്ടാകണമെങ്കിൽ ജാഗ്രതത്തിലെ അനുഭവത്തെ തുടർന്നേ ഉണ്ടാവും എവിടെ സ്മൃതി ഉണ്ടായാലും വേണം ജാഗ്രതത്തിലെ അനുഭവത്തെ തുടർന്നാണ് പിന്നെ ഒരു അനുഭവം നമുക്കുണ്ടാകുമ്പോൾ നമുക്കത് അനുഭവിക്കാതിരിക്കാൻ പറ്റത്തില്ല പറ്റുമോ അനുഭവം ഉണ്ടാകുന്നു അനുഭവമില്ലെന്നൊരവസ്ഥയില്ല സുഷുതിയിൽ അനുഭവം ഉണ്ടെങ്കിൽ അനുഭവം ഇല്ല എന്നുള്ള അവസ്ഥ എവിടെ നിന്ന് വന്നു അതേത് സുത്തിയിലെ അനുഭവത്തിന്റെ സ്മരണയാണെങ്കിൽ സുഷുതി അനുഭവമില്ല എന്നിങ്ങനെ പറയാൻ പറ്റും മനസ്സിലായ സുഴുത്തിയെ പറയുന്നു സുഹൃത്തിയിലെ അനുഭവത്തിന്റെ സ്മൃതിയിൽ അപ്പൊ അനുഭവം ഇല്ലായ്മയാണ് സുഹൃത്തി എന്ന് അങ്ങനെ പറയാൻ പറ്റും സുഷൃത്തി അനുഭവമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാഗ്രത സുഹൃത്തിന്ന് തമ്മിൽ എന്താ വ്യത്യാസം എങ്ങനെ എന്താ വ്യത്യാസം വരുന്നു സൃഷ്ടിയിലെ അനുഭവം എന്ന് പറയുന്ന സ്വരൂപമാണെങ്കിൽ അതിന് ജാഗ്രതത്തിലേതുപോലെയുള്ള ത്രിപുടീഭാവം കാണത്തില്ല അറിവ് അറിയുന്നവൻ അറിയപ്പെടുന്ന വിഷയം ഈ ഇത് കാണത്തില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അനുഭവം എന്ന് പറയാൻ പറ്റും അനുഭവമാണ് സ്വരൂപം എന്ന് പറയുമ്പോൾ അത് നമുക്ക് നിർവചിക്കാൻ പറ്റത്തില്ല കേവലം അനുഭവം എന്ന് പറയുമ്പോൾ അവിടെ കർണങ്ങളെ ആശ്രയിക്കുന്നില്ല വിഷയത്തെ ആശ്രയിക്കുന്നില്ല വൃത്തിയെ ആശ്രയിക്കുന്നില്ല അത് നമുക്ക് നിർവചിക്കാൻ പറ്റത്തില്ല ആ അനിർവചനീയമായ സ്വരൂപമാണ് സുഷപ്തിയിൽ ഉള്ള ശേഷം വിശേഷിക്കുന്ന സാധാരണ വ്യവഹാരത്തിൽ സുഷുപ്തിയിലെ അനുഭവം എന്നൊക്കെ പറയും അതൊക്കെ വികല്പ പ്രയോഗങ്ങളാണ് വസ്തുസ്ഥിതി ആശ്രയിച്ച് അങ്ങനെ പറയാൻ പറ്റില്ല ശക്തിയെക്കുറിച്ച് നമുക്ക് ആകെ പറയാൻ പറ്റുന്നത് തലകുത്തി നിന്നാലും ശരി ഏത് വലിയ പണ്ഡിതൻ തെലകുത്തി നിന്നാലും ആകെ പറയാൻ പറ്റുന്ന എന്താണോ ഒന്നും അറിഞ്ഞില്ല പാണ്ഡിത്യൊന്നും ഒന്നും നടക്കത്തില്ല തർക്കവും ഒന്നും നടക്കത്തില്ല എല്ലാം അവിടെ നിഷ്ഫലമാണ് ഒന്നു മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ എന്താണോ ഒന്നും അറിഞ്ഞില്ല ഇത് ഒരുപാട് പഠിച്ച് പഠിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ഉറക്കം പോകുമ്പോഴാണ് ഇതൊക്കെ പറയുന്നത് ഉറക്കം നഷ്ടപ്പെട്ടാലേ ഇതൊക്കെ പറയാൻ പറ്റും എന്താണ് അവിടെ അറിവുണ്ടായി അതുണ്ടായി ഇതുണ്ടായി എന്നൊക്കെ പറയുന്നു അത് സ്വപ്നത്തെ കുറിച്ച് പറയാം അത് ശരി അതുകൊണ്ട് സുഴുത്തിയിൽ നിന്ന് ഉണർന്നതിന് ശേഷം നമ്മൾ സുഴ്ത്തിയെക്കുറിച്ച് നമ്മൾ പറയുന്നത് അത് സുഹൃത്തിയെ സംബന്ധിച്ച് മാത്രമേ അങ്ങനെ പരാമർശിക്കാൻ പറ്റൂ അത് ജാഗ്രതത്തിലെ മറ്റ് അനുമാനം സമൃതി ഇതുമായിട്ടൊന്നും അതൊരു പ്രത്യേക ഇപ്പം നിറവികൽപ്പ്ഞാനം എന്ന് പറയുന്ന പോലെ അത് നമ്മൾ നേരിട്ട് പറയണതാണ് ഒന്നും അറിഞ്ഞില്ല ഇനി കൂടുതൽ എന്ത് പറയാനാണ് ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അതിനെ വ്യാഖ്യാനിക്കാൻ പോകുന്നതിന് ഏറ്റവും വലിയ മണ്ടത്തരം തന്നെ എന്തെങ്കിലും വ്യാഖ്യാനിക്കണമെങ്കിൽ എന്ത് വേണം സ്വല്പമെങ്കിലും അറിയണം അല്ലേ അപ്പോ ഇത് നിങ്ങൾ സുഷിയെ വ്യാഖ്യാനിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് ജാർഖണ്ഡ് കാരൻ്റെ നിങ്ങൾ രാവിലെ ബ്രഹ്മസൂത്രം കൊടുത്ത് ഇവിടെ ഇരിക്കും പോലെ ആയിരിക്കും അല്ലേ അതുപോലെയാണ് നിങ്ങൾ സുഷൃപ്തിയെ വ്യാഖ്യാനിക്കുന്നത് അവനോട് പറയുന്നത് ബ്രഹ്മസൂത്രം വ്യാഖ്യാനിക്കും അതിന് സമാനമായിരിക്കും എന്താണ് പണ്ഡിതന്മാർ സുഷൃപ്തിയെ വ്യാഖ്യാനിക്കുന്നത് കാരണം ഒരു അറിവിന്റെ കണിക പോലും ഇല്ലാത്ത ഒരു സ്ഥാനത്തെ നിങ്ങൾ ഭാവമാണ് അഭാവമാണെന്ന് പറഞ്ഞ് വാഗ്വാദം നടത്തിയ തീരുമാനം ഉണ്ടാവും ഉണ്ടാകത്തില്ല എന്നുള്ളതിന് തെളിവാണ് ഇത് ഇതിന് തീരുമാനം ഉണ്ടായില്ല എന്നുള്ള നമുക്കറിയാം തീരുമാനം ഉണ്ടാകാനും പോകുന്നില്ല പിന്നെ ചോദിക്കും പിന്നെ ഇതെന്തിനാ നമ്മൾ ചർച്ച ചെയ്ത് മനസ്സിലാക്കാൻ അതെ അതിന് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാക്കുകയാണെങ്കിൽ ഭാഷകാരൻ തീരുമാനം ഉണ്ടാക്കി ഭാഷകാരൻ അതിന്റെ അതിനപ്പുറം ആർക്കും പറയാൻ പറ്റില്ല ഭാഷകാരൻ എന്തു പറഞ്ഞു അറിയത്തില്ല എന്ന് പറഞ്ഞു ഏ അതല്ല ഇതിനകത്ത് പല കോംപ്ലിക്കേഷൻസ് ഉണ്ട് ഇങ്ങനെ വന്നത് അത് ഇതിന്റെ മറ്റ് ഓരോ ഭാഗങ്ങൾ വരുമ്പോ നമുക്കത് മനസ്സിലാവും എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ കാടുകയറിപ്പോയി എന്നുള്ളത് ഏ ഒരിക്കലും എന്താ ഇവരെല്ലാരും അന്ത്യം ഭാഷകാരനെ എഴുന്നേറ്റിൽ നിന്ന് സ്തുതിച്ചിട്ടാണ് ഇതൊക്കെ എഴുതുന്നു അതിനൊന്നും ഒരു ഇത് ഇല്ല പക്ഷേ അവര് ഇതൊക്കെ പിന്നെ ഇതിനെയൊക്കെ നമുക്ക് അംഗീകരിക്കാം എന്താണ് ക്രിയ ഇപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ സിദ്ധാന്തം മനസ്സിലാക്കുക എന്നുള്ള മറ്റവനെ പരാജയപ്പെടുത്തണമെന്നൂടെ ചിന്ത വരുമ്പോഴാണ് ഇങ്ങനെ പോകുന്നത് കാരണം താർക്കികൻ സുഹൃത്തിയിൽ മനസ്സ് പുരീത നാടി കയറുന്നു എന്നും ജ്ഞാനം ഉണ്ടാകുന്നില്ലെന്നും എല്ലാം പറഞ്ഞു അത് തകർക്കണം അവിടെ ഞാനും ഉണ്ടാകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് താറക്കിയൽ ആത്മാവ് ദ്രവ്യമാണെന്ന് പറഞ്ഞു അതിനെ നിഷേധിക്കുന്നു ഇങ്ങനെയുള്ള പല അജണ്ടകളുള്ളപ്പോഴാണ് ഇങ്ങനെയൊക്കെ സഞ്ചരിക്കേണ്ടി വരുന്നത് ഭാഷ്യകാരൻ അങ്ങനെ പറഞ്ഞെങ്കിലും ഭാഷ്യകാരന്റെ കാലശേഷം എന്താണ് വീണ്ടും ആക്രമണങ്ങൾ നടന്നു ഏ ഭാഷ്യം കൊണ്ട് പറഞ്ഞാൽ അവരംഗീകരിക്കത്തില്ല അല്ലേ ഇപ്പം നിങ്ങൾ ഒരാളോട് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് അദ്വൈതത്തിന്റെ സിദ്ധാന്തം മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാം സമാനമാകത്തില്ല എപ്പോഴും നമ്മളൊരു തത്വത്തെ സിദ്ധാന്ത ഭാഗത്ത് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ആ സിദ്ധാന്തമല്ല സമാധാനം എന്ന് പറയുന്നത് സമാധാനം പറയുമ്പോൾ നിങ്ങളുടെ ചോദ്യത്തിനനുസരിച്ച് സമാധാനം പറയും എന്നാലേ നിങ്ങളെ സമാനപ്പെടുത്താൻ പറ്റും അല്ലെങ്കിൽ ഇപ്പോൾ ഞാനൊരു സിദ്ധാന്തം പറയുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും സമാധാനിക്കണല്ലോ ഇതാണോ പക്ഷെ ചോദ്യം എന്തുകൊണ്ട് വരുന്നു സിദ്ധാന്തം ഒരു സിദ്ധാന്തവും ആരെയും സമാനപ്പെടുത്തത്തില്ല അപ്പോ ചോദ്യം വരുമ്പോൾ മറുപടി എങ്ങനെ പറയണം സിദ്ധാന്തമാണെങ്കിൽ മറുപടിയെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ അപ്പൊ സിദ്ധാന്തം മനസ്സിലാകാത്തോണ്ടല്ലേ ചോദ്യം പൂർവപക്ഷം അപ്പൊ പൂർവപക്ഷത്തിനനുസരിച്ച് അതാണ് പലപ്പോഴും പറയുന്നത് ഏവം അഭ്യമഗമ്യത ഇത്യഭിമഗമഹ ഇതിങ്ങനെ സ്വീകരിക്കുക എന്നിട്ട് അവരോടൊരോ മറുപടി പറഞ്ഞു പറഞ്ഞു പറഞ്ഞു അവരെ ക്രമേണ സിദ്ധാന്തത്തിലേക്ക് കൊണ്ടുവരിക നല്ലതാണ് പക്ഷേ ഈ സിദ്ധാന്തത്തിലേക്ക് കൊണ്ടുവരുക എന്ന് പറയുമ്പം ഇതിങ്ങനെ തർക്കിച്ച് തർക്കിച്ച് തർക്കിച്ച് എന്തു പറ്റുന്നു വെച്ചാൽ പിന്നെ പശുവിനെ കുറ്റിയിൽ കെട്ടിയതുപോലെ ഇതവസാനം ഈ സിദ്ധാന്തത്തിന്റെ ചുറ്റും കണ്ടിങ്ങനെ കറങ്ങത്തേ ഉള്ളൂ ഇത് കെട്ടുപൊട്ടിച്ച് പോകാനും കഴിയത്തില്ല ഇങ്ങോട്ട് വരാനും പറ്റത്തില്ല അങ്ങനെ ഒരു അവസ്ഥയിലാണ് തർക്കത്തിലൂടെ ചെന്ന് ഉദ്ദേശം എന്താണോ അവരുടെ പക്ഷങ്ങളെല്ലാം ഖണ്ണിച്ചിട്ട് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരുള്ളൂ പക്ഷെ ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത് ഇവര് സിദ്ധാന്തത്തിലേക്ക് പ്രവേശിക്കാതെ സിദ്ധാന്തത്തിന്റെ നാല് ചുറ്റും കിടന്ന് വട്ടഞ്ചുറ്റിയാണ് ഇങ്ങനെ വട്ടം ചുറ്റിക്കൊണ്ടേ പശുക്കളെ കെട്ടിയിരിക്കുന്നു നോക്കിയറിയാം അത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ക്ലോക്കോയിസ് ആന്റി ക്ലോക്കോയിസ് ക്ലോക്കോയിസ് കറങ്ങി ഇറങ്ങി വന്നിട്ട് പിന്നെ ആന്റി ക്ലോക്കോയിസ് അപ്പൊ അതുപോലെയാണ് ഈ സംഭവം നടക്കുന്നത് സിദ്ധാന്തം എന്ന് പറയുന്നത് എന്താണോ സിദ്ധാന്തം വരെ പ്രക്രിയ വരെ സിദ്ധാന്തം മനസ്സിലാക്കിയിട്ടെന്ന് ചോദിച്ചാൽ ബ്രഹ്മസത്യം ഇതിനെന്താ ഇത്തരം മനസ്സിലാകാൻ എങ്ങനെ സത്യമാകുമെന്ന് ചോദിക്കുമ്പോഴാണ് പ്രക്രിയ വരുന്നത് മനസ്സിലായാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അപ്പോ സിദ്ധാന്തം ഇതാണ് ബ്രഹ്മസത്യം ബ്രഹ്മമാണ് ഇതിനേക്കാൾ ശ്രദ്ധിച്ചത് ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലാവും പക്ഷെ പ്രക്രിയയിലേക്കാണ് വരുമ്പോഴാണ് ഈ മതഭേദങ്ങൾ വരുന്നത് അവിടെയാണ് ഈ തർക്കവിതർക്കങ്ങൾ നടത്തുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയുന്നത് എന്താണോ സിദ്ധാന്തം എന്നുള്ളതല്ല സിദ്ധാന്തത്തെ പോലെ പ്രാധാന്യമുള്ളതാണെന്ത് ഭാഷ്യപ്രക്രിയ എന്ന് പറയുന്നു അപ്പം ഭാഷ്യപ്രക്രിയ എന്ന് പറയുന്നത് സരളവും അനായാസവും ആണ് ആ സമയം ഈ പ്രക്രിയകളെന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് തീരുമാനത്തിലെത്താൻ പറ്റില്ല പക്ഷേ നിങ്ങളോടാരെങ്കിലും തർക്ക ഉത്തരത്തിന് വന്നാൽ അവരെ അടിച്ചിരുത്താൻ ഇത് ഉപയോഗിക്കും കുറേയൊക്കെ എന്നാലത് പൂർണമായും വിജയിച്ചെന്ന് പറയാൻ പറ്റില്ല കുറെയൊക്കെ തർക്കത്തിന് വരുന്നവനോട് മറുപടി പറയാൻ കഴുകാം ാണ് പലരും പറയുന്ന എന്താണ് ഗ്രന്ഥങ്ങൾ ഉണ്ടെന്നും മോക്ഷം കിട്ടത്തില്ല എന്നൊക്കെ പറയുന്ന ഇതുകൊണ്ടാണ് തത്വത്തെ ഗ്രഹിക്കുക എന്നുള്ളതാണ് പ്രായം ശബ്ദജാലം മഹാരണ്യം എന്നൊക്കെ എഴുതി വെച്ച കടന്നു കഴിഞ്ഞാൽ ചിത്തഭ്രമണം ഉണ്ടാകും പറഞ്ഞതാണ് അത് ചിത്തഭ്രമണം എന്ന് പറയുന്നത് തത്വത്തെ ഗ്രഹിച്ചവനാണെങ്കിൽ ധൈര്യമുള്ളവനേത് കാട്ടിലും പോവാം ധൈര്യമില്ലാത്തവൻ കാട്ട് കയറിയ അവിടെയൊക്കെ അശിച്ചി ആക്കും അങ്ങനെയൊരു കുഴപ്പമുണ്ട് അതുപോലെ തന്നെ ഇതിൽ സംഭവിക്കും ഈ ശാസ്ത്രത്തിൽ അതാണ് പറയുന്നത് ചിത്തഭ്രമണ കാരണം എന്ന് പറയുന്നു അപ്പോൾ അത് വ്യക്തമായി മനസ്സിലാക്കും അതുകൊണ്ട് സിദ്ധാന്തമല്ല പ്രക്രിയയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് ഏതാണോ മനസ്സിലാക്കാനുള്ള വഴി പ്രക്രിയെന്ന് വെച്ചാൽ തത്വത്തെ മനസ്സിലാക്കാനുള്ള വഴി അപ്പോ നിങ്ങളിപ്പോൾ ഭാഷ പ്രക്രിയ മനസ്സിലാക്കി ശരി കാര്യങ്ങൾ മനസ്സിലായി പക്ഷെ നിങ്ങൾ അറിവുണ്ടെന്ന് ധരിക്കുന്ന ഒരാൾ വലിയ എടുത്താൽ പണ്ഡിതനായ ഒരാൾ എന്നിട്ട് ചോദിക്കുകയാണ് ചുരുത്തിയിൽ ഉണ്ടോ ഇല്ലയെന്ന് ചോദിച്ചാൽ ആകെ കൺഫ്യൂഷനായി അയാൾ പറയുന്ന രീതിയിൽ ചിന്തിച്ച് നമുക്കും കൺഫ്യൂഷൻ വരും ഇതെന്താ അപ്പോൾ താൻ ധരിച്ചിരിക്കുന്നത് ശരിയാണോ എന്നുള്ള സംശയമുണ്ടാകാം അപ്പോൾ ഇത് മനസ്സിലാവും മനസ്സിലാവും ഈ പറയുന്നതിൽ ഇത്രയേ ഉള്ളൂ ഇതുപോലെ പല വിഷയങ്ങളും ഇതിനൊന്നും വലിയ കാര്യം ഇല്ല എന്നുള്ളത് ധാരാളം ഭാഗങ്ങളുണ്ട് നമ്മളതല്ലേ എല്ലാം ചർച്ച ചെയ്യാത്ത നമ്മൾ ഇവിടുന്ന് ചില ഭാഗങ്ങൾ എവിടെയാണോ ഇവിടെ ഈ വിവാദങ്ങൾ ഉള്ളത് ആ ഭാഗം മാത്രമാണോ നമ്മൾ ചർച്ച ചെയ്യുന്നത് എല്ലാം നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് ഇപ്പൊ സ്വയംപ്രകാശം സ്വയംപ്രകാശത്തെ കുറിച്ച് നല്ലൊരു വ്യാഖ്യാനം പറഞ്ഞു അപ്പോൾ നമുക്ക് കൂടുതൽ ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള ഒരു പ്രക്രിയ പറഞ്ഞു അതൊക്കെ നല്ലതാണ് അവിടെയും ഇതാണ് സ്വയം ചിന്തിക്കാൻ ഇത്രയൊന്നും വേണ്ട മനസ്സിലാക്കാൻ താർക്കികനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരു പ്രക്രിയ പറഞ്ഞു അതുകൊണ്ട് ഇതൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഇതിനപ്പുറം ഇനി പറയാൻ ആരുമില്ലല്ലോ ഇനി ഇതിനെപ്പറമ്പം പറയണമെങ്കിൽ അവരൊക്കെ വീണ്ടും ജനിക്കേണ്ടി വരും അല്ലേ അദ്വൈതത്തെ സംബന്ധിച്ച് ശിശുദാചാര്യനും മത്സൂനു സരസ്വതി ഒക്കെ അപ്പുറം പറയണമെങ്കിൽ അവരി തന്നെ വീണ്ടും ജനിക്കേണ്ടി വരും അവരെന്നെന്തായാലും നമ്മൾ കണ്ടുമുട്ടാനുള്ള യാതൊരു സാധ്യതയും ഇപ്പോൾ കാണുന്നില്ല അപ്പോൾ ഇത് പോയാൽ ഏതുവരെ പോകുമെന്നറിയണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് തുടരുന്നില്ല ഇനിയും